ധ്യായം പതിമൂന്ന് എന്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു എന്റെ ചെവി അത് കേട്ട് ഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ അധമനല്ല സർവശക്തനോട് ഞാൻ സംസാരിപ്പാൻ ഭാവിക്കുന്നു ദൈവത്തോട് വാദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോ ഫോഷ് കെട്ടിയുണ്ടാക്കുന്നവർ നിങ്ങളെല്ലാവരും പൊട്ടുവൈദ്യന്മാർ തന്നെ നിങ്ങൾ അശേഷം മിണ്ടാതിരുന്നാൽ കൊള്ളാം അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും എന്റെ ന്യായവാദം കേട്ടുകൊള്ളുവീൻ എന്റെ അധരങ്ങളുടെ വ്യവഹാരം ശ്രദ്ധിപ്പീൻ നിങ്ങൾ ദൈവത്തിനുവേണ്ടി നീതികേട് സംസാരിക്കുന്നുവോ അവനുവേണ്ടി വ്യാജം പറയുന്നുവോ അവന്റെ പക്ഷം പിടിക്കുന്നുവോ ദൈവത്തിനുവേണ്ടി വാദിക്കുന്നുവോ അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുമോ മർത്തിനെ തോൽപ്പിക്കും പോലെ നിങ്ങളവനെ തോൽപ്പിക്കുമോ ഗൂഢമായി മുഖദാക്ഷിണ്യം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസ്വിക്കും നിശ്ചയം അവന്റെ മഹിമ നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലയോ അവന്റെ നീതി നിങ്ങളുടെ മേൽ വീഴുകയില്ലയോ നിങ്ങളുടെ ഞാപകവാക്യങ്ങൾ ഭസ്മവാക്യങ്ങളത്രേ നിങ്ങളുടെ കോട്ടകൾ മൺകോട്ടകൾ തന്നെ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ ഞാൻ എന്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും വഷളൻ അവന്റെ സന്നദ്ധിയിൽ വരികയില്ല എന്നുള്ളത് തന്നെ എനിക്കൊരു രക്ഷയാകും എന്റെ വാക്കശ്രദ്ധയോടെ കേൾപ്പീൻ ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ ഇതാ ഞാൻ എന്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു ഞാൻ നീതികരിക്കപ്പെടുമെന്ന് ഞാനറിയുന്നു എന്നോട് വാദിപ്പാൻ തുനിയുന്നതാ ഞാൻ ഇപ്പോൾ മിണ്ടാതിരുന്ന് എന്റെ പ്രാണൻ വിട്ടുപോകും രണ്ടു കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ എന്നാൽ ഞാൻ നിന്റെ സന്നിധി വിട്ട് ഒളിക്കയില്ല നിന്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ നിന്റെ ഘോരത്വം എന്നെ ഭ്രമിപ്പിക്കരുതേ പിന്നെ നീ വിളിച്ചാലും ഞാൻ ഉത്തരം പറയും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം നീ ഉത്തരമരുളമേ എന്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര എന്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന് പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ ഉണങ്ങിയ താളടിയെ പിന്തുടരുമോ കൈപ്പയുള്ളത് നീ എനിക്ക് എഴുതിവെച്ചു എന്റെ യൌവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു എന്റെ കാൽ നീ ആമത്തിലിട്ടു എന്റെ നടപ്പൊക്കെയും കുറിച്ചു വയ്ക്കുന്നു എന്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു ഈ ജനം ചീഞ്ഞഴുകിയ വസ്ത്രം പോലെയും പുഴുവരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു